ഒരു വചനത്തിനു പകരം മറ്റൊരു വചനം നാം മാറ്റുമ്പോൾ അവൻ ഇറക്കുന്നതെന്താണെന്ന് അള്ളാഹുസ്ബാനഹുബത്തായാല ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ വെറും വ്യാജം പറയുന്നവനാണെന്ന് അവർ പറയുന്നു എന്നാൽ അവരിൽ ഭൂരിഭാഗവും അറിയാത്തവരാണ്